ാമത്തിൻ്റെ മഹത്വം പ്രിയമുള്ളവര് നമ്മൾ ബൈബിൾ സ്റ്റഡിക്കായിട്ട് നമുക്ക് ഹബ് കൊക്കിൻ്റെ പ്രവചനം രണ്ടാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം വായിക്കാം ഹബ് പഴയ നീമ പുസ്തകമാണ് അതിൻ്റെ രണ്ടാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു അത് നേരുള്ളതല്ല നീതിവാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു അത് നേരുള്ളതല്ല നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും രണ്ട് കൂട്ടരെ ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു കൂട്ടരെന്താ അവർ അഹങ്കരിക്കുന്നു അത് അവരുടെ മനസ്സ് നേരുള്ളതല്ല എന്നാൽ മറുവശത്തോ മറുവശത്ത് നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുന്നു ഈ വാക്യം ക്രിസ്തീയ ചരിത്രത്തിലും വളരെ നിർണായകമായ ഒരു വാക്യമാണ് നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും എന്നുള്ള ഈ വാക്യം നമുക്കറിയാമല്ലോ നമ്മളൊക്കെ നമുക്കറിയാവുന്നതുപോലെ പുതിയ നിയമത്തിലെ മൂന്നിടത്ത് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും റോമർ കെഴുതിയ ലേഖനം ഒന്നാമത്യായം പതിനേഴാമത്തെ വാക്യം ഗലാത്യർ മൂന്നിൻ്റെ പതിനൊന്ന് എബ്രായർ പത്തിൻ്റെ മുപ്പത്തൊൻപത് ഇങ്ങനെ പുതിയ നിയമത്തിലെ മൂന്നിടത്ത് ഈ ഹബുക്കുക്കിൻ രണ്ടിൻ്റെ നാലിൽ പറഞ്ഞിരിക്കുന്ന നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുമെന്നുള്ളത് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് നമ്മളിതിനെക്കുറിച്ച് ക്രിസ്തീയ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് മാർട്ടിൻ ലൂതറ് താനെ മുന്നോട്ട് വന്നപ്പോൾ താനവിടെ ഒരു അച്ഛനായിരുന്ന ആളാണ് സെമിനാരി പഠനമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ബൈബിള് പഠിച്ചപ്പോൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന ഈ വാക്യമാണ് അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തിയതും വിശ്വാസമാണ് വിശ്വാസമാർഗമാണ് വേണ്ടത് നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത് എന്നുള്ള ഈ വചനമാണ് അദ്ദേഹത്തെ ഉത്സാഹിപ്പിച്ചതും ധൈര്യപ്പെടുത്തിയതും എന്നാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവര് പുതിയ നിയമത്തിൽ അപ്പോൾ റോമറിലും ഗലാത്തിയറിലും എബ്രായറിലും ഈ വാക്യം എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത് ഹബക്കുക്ക് രണ്ടിൻ്റെ നാലിൽ നിന്നാണ് നമ്മൾ ആ വാക്യമാണ് ഇന്ന് ബൈബിൾ സ്റ്റഡിക്കായിട്ട് വായിച്ചത് നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെതായ വിധത്തിൽ ചെയ്യുക എന്നുള്ള പുസ്തകത്തെ ആസ്പദമാക്കി നമ്മൾ ബൈബിൾ പഠിച്ചു വരികയാണല്ലോ അപ്പോൾ ഇന്ന് അതിൻ്റെ അകത്ത് ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം എന്നുള്ള ഒരു കാര്യമാണ് നമ്മളെ ചിന്തിക്കുന്നത് ഈ പൂർണ്ണ ആശ്രയത്വത്തെ പറയുമ്പോൾ ഇവിടെ ഇതാ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നീതിമാന്മാരെ പോലെ ആയിരിക്കണം മറിച്ച് മറുവശത്ത് കണ്ട മനസ്സ് നേരുള്ളതല്ലാത്ത അഹങ്കാരികളെപ്പോലെ ആകരുത് ഇതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ഈ വാക്യം തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ ഒരു വേർഷനിൽ വായിക്കുമ്പോൾ അല്പ വ്യത്യാസമുണ്ട് ഈ രണ്ട് കൂട്ടരെ കുറച്ചുകൂടെ വ്യത്യാസമായിട്ട് കുറച്ചുകൂടെ വ്യക്തതയോടെ അവിടെ പറഞ്ഞിട്ടുണ്ട് ആ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ വിവർത്തനം ഞാനിങ്ങനെ പറയാം എബ്രബക്കുക്ക് രണ്ടിൻ്റെ ഇങ്ങനെയാണ് അഹങ്കാരികളായ ആളുകൾ തങ്ങളിൽ തന്നെ വിശ്വസിക്കുന്നവരും അതിൻ്റെ ഫലമായി പരാജയപ്പെടുന്നവരുമാണ് നീതിമാന്മാർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ജീവിക്കുന്നവരുമാണ് കണ്ടോ രണ്ടു തരം ആളുകൾ അഹങ്കാരികളായ ആളുകൾ തങ്ങളിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് ഫലമെന്താ പരാജയപ്പെടുന്നു എന്നാൽ നീതിമാന്മാരോ അവരെ സംബന്ധിച്ച് ഒരു കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നു അവർക്ക് ദൈവത്തിലാണ് അവരുടെ പൂർണ്ണ വിശ്വാസം ഫലമെന്താ അവരെ ജീവിച്ചിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിൻ്റെ അകത്ത് നീതിമാന്മാരെ പോലെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരും ജീവിച്ചിരിക്കുന്നവരുമാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരണം ഇവിടെ ഇതാ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും അതിൻ്റെ എതിർവശം എന്താ അതിർവ എതിർവശം നമ്മൾ പലപ്പോഴും വിചാരിക്കും ദൈവത്തിൽ വിശ്വസിക്കാത്തവരും എന്നാണ് വിചാരിക്കും എന്നാൽ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ എന്നുള്ളതിൻ്റെ എതിർ പദം എതിരെ നിൽക്കുന്നത് എന്താ തങ്ങളിൽ തന്നെ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ ഒരു കൂട്ടർ തങ്ങളിൽ തന്നെ വിശ്വസിക്കുന്നു മറുകൂട്ടർ ദൈവത്തിൽ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് വേണം നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഒരു കോൺഫിഡൻസ് നമ്മുടെ ജഡത്തിൽ നമുക്കൊരു ആ നിലയിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കരുത് നമുക്ക് അറിയാമല്ലോ ഏതൻ തോട്ടത്തിൽ ആദിമ മാതാപിതാക്കളും ഇതേ കാര്യം തന്നെയാണ് അഭിമുഖീകരിച്ചത് അവിടെ എന്താ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം ഉണ്ടായിരുന്നു അത് അവരുടെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ തങ്ങളിൽ തന്നെയുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിനടുത്തേക്ക് അവർ പോയത് എന്നാൽ ജീവൻ്റെ വൃക്ഷം എന്തായിരുന്നു ദൈവത്തിൽ തന്നെ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ദൈവത്തിനെല്ലാം അറിയാം ഞങ്ങളായിട്ട് ഈ നന്മയും തിന്മയും ഒന്നും തിരഞ്ഞെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ജീവന്റെ വൃക്ഷത്തിൽ ആശ്രയിച്ചു നിൽക്കണമായിരുന്നു അപ്പൊ കണ്ടോ ഈ ഹബുക്കൊക്കെ രണ്ടിന്റെ നാലിൽ പറഞ്ഞിരിക്കുന്ന ആ തെരഞ്ഞെടുപ്പ് ഒന്നുകിൽ തങ്ങളിൽ തന്നെ വിശ്വസിക്കുക തങ്ങളുടെ യുക്തിയിൽ തങ്ങളുടെ ബുദ്ധിയിൽ തങ്ങളുടെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ പൂർണമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുക ഈ കാര്യം ഏതൻ തോട്ടത്തിൽ തന്നെ പരീക്ഷണത്തിന് വിധേയമായി എന്നാണ് നമ്മൾ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിൽ നിന്നൊരു പാഠമെടുത്ത് ഇന്ന് ദൈവത്തിനായിട്ട് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മിൽ തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കരുത് നമ്മുടെ യുക്തിയിലോ നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ അറിവിലോ വിശ്വസിക്കുന്നവരായിരിക്കരുത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം മത്തായി നാലിൻ്റെ നാലിൽ കർത്താവ് പറഞ്ഞത് നമുക്കറിയാമല്ലോ നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുക കണ്ടോ അവിടെയും ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കാൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിലാണ് അവന്റെ പൂർണ്ണ ആശ്രയം ആ നിലയിൽ നമ്മളായിരിക്കണം ഇതാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് നമ്മൾ ഫിലിപ്പീർ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അന്ന് ഒരു പരിച്ഛേദന എന്നൊരു കർമ്മം കൊടുത്തിരുന്നു പരിഛേദന എന്നൊരു കർമ്മം കൊടുത്തിരുന്നു ആ പരിഛേദന എന്നുള്ള കർമ്മം അതെന്തിനു വേണ്ടിയായിരുന്നു അതൊരു നിഴലായിരുന്നു എന്നുവെച്ചാൽ അവരവർ അവരുടെ ശരീരത്തിൻ്റെ ഒരു അംശം മുറിച്ചു മാറ്റുമ്പോൾ അവർ പ്രഖ്യാപിക്കുന്നത് എന്താ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജഡത്തിൽ ഒരാശ്രയമില്ല ഞങ്ങൾ പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ളതിൻ്റെ ബാഹ്യപ്രകടനമായിട്ടായിരുന്നു ഇസ്രായേൽ മക്കൾക്ക് പരിച്ഛേദന നൽകിയത് ഫിലിപ്പിയർ മൂന്നിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ നോക്കുക അവിടെ പൗലോസ് പറയുന്നു നാം എന്ത് വേണം നാമാണ് ഇസ്രായേലിന് കൊടുത്ത ഈ പരിച്ഛേദനയുടെ അത് നഹലായിരുന്നു അതിൻ്റെ പൊരുൾ നമ്മൾ അനുഭവിക്കണം എന്നാണ് അവിടെ പറയുന്നത് ഫിലിപ്പിയർ മൂന്നിൻ്റെ മൂന്ന് നാല് നാമല്ലോ പരിഛേദനക്കാർ വിശ്വാസികളായ പുതിയ നിയമവിശ്വാസികളായ നാമാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ അവിടെ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും എന്നുള്ളത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്ന നോ കോൺഫിഡൻസ് ഇൻ ദ ഫ്ലഷ് നമ്മുടെ തന്നെ സ്വയ ജീവനിൽ നമുക്കൊരു ആശ്രയമില്ല അങ്ങനെ നമ്മിൽ തന്നെ ഒരാശ്രയം ഇല്ലാതിരിക്കുന്നവർക്ക് ആരിലാണ് ആശ്രയം ദൈവത്തിലാണ് ആശ്രയം നമ്മുടെ തന്നെ യുക്തിയിലോ ബുദ്ധിയിലോ ഒരു വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് ഏതിലാ വിശ്വാസം ദൈവത്തിൻ്റെ നടത്തിപ്പിലാണ് വിശ്വാസം നമ്മൾ അങ്ങനെ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു പഴയ നിയമത്തിൽ പഴയ നിയമത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിച്ഛേദന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഒരു ചടങ്ങായിരുന്നു അന്ന് അവരാരെങ്കിലും പരിഛേദന ഏൽക്കാതിരുന്നാൽ അവരെ ഇസ്രായേലിൻ്റെ ജനക്കൂട്ടത്തിൽ നിന്ന് ഛേദിച്ച് കളയുമായിരുന്നു ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം പതിനാലാം വാക്യം നോക്കുക ഉൽപ്പത്തി പതിനേഴ് പതിനാല് അവിടെ നമ്മൾ വായിക്കുന്നത് അഗ്രചർമ്മിയായ പുരുഷ പ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു അപ്പോ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പരിച്ഛേദന ഏൽക്കാത്ത ആരെങ്കിലും അവനെ എന്തു ചെയ്യും അവനെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയും എന്നാൽ ഈ പരിച്ഛേദനയുടെ ആന്തരിക അർത്ഥം പുതിയ നിയമസഭയായ നമുക്കാണ് തന്നിട്ടുള്ളതെന്നാണല്ലോ ഫിലിപ്പിയർ മൂന്നിൻ്റെ മൂന്ന് നാല് വാക്യങ്ങളിൽ നമ്മൾ പൗലോസ് പറഞ്ഞത് നമ്മൾ വായിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ പരിച്ഛേദനയുടെ ആന്തരിക നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നില്ലെങ്കിൽ നമ്മളെയും ദൈവം എന്ത് ചെയ്തു കളയും ദൈവം ദൈവത്തിൻ്റെ സഭയിൽ നിന്ന് ഛേദിച്ചു കളയും ഇല്ലേ അതായത് പരിച്ഛേദന ഏൽക്കാത്ത ഒരു പുരുഷ പ്രജയെ ചെയ്യുമായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മാറ്റിക്കളയുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ പരിച്ഛേദനയുടെ ആന്തരീക അർത്ഥം എനിക്ക് എൻ്റെ ജഡത്തിൽ ഒരാശ്രയമില്ല നോ കോൺഫിഡൻസ് ഇൻ മൈ ഫ്ലഷ് എന്നുള്ളതിൻ്റെ ആന്തരിക അർത്ഥമാണ് ഹൃദയ പുറമേ ഉള്ള പരിച്ഛേദനയല്ല ഹൃദയപരിച്ഛേദനയാണ് ഈ ഹൃദയ പരിച്ഛേദന ഇല്ലാത്തവന് സത്യത്തിൽ എന്തല്ല പുതിയ നിയമ ഇസ്രായേലായ പുതിയ നിയമ സഭയിലും അവന് പങ്കാളിത്തമില്ല എത്രയോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നമ്മളെ ഹൃദയ ഉള്ളവരായിരിക്കണം നമ്മിൽ തന്നെ ആയിരിക്കരുത് നമ്മുടെ വിശ്വാസം ദൈവത്തിലായിരിക്കണം നമ്മുടെ ആശ്രയം ടോട്ടൽ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ് അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതിലെന്ത്ൾപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജഡത്തിലുള്ള വിശ്വാസമില്ലാത്ത ഒരവസ്ഥ നോ കോൺഫിഡൻസ് ഇൻ അവർ ഓൺ ഫ്ലഷ് നമ്മുടെ ജഡത്തിൽ നമുക്കൊരു വിശ്വാസമില്ല നമ്മുടെ വിശ്വാസം പൂർണ്ണമായിട്ട് ദൈവത്തിലാണ് അതാണ് ഹൃദയപരിച്ഛേദന അതുള്ളവരായിട്ടായിരിക്കണം ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞത് ഹൃദയപരിച്ഛേദനയാണ് നമുക്ക് ആവശ്യം ഹൃദയപരിച്ഛേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ യുക്തിയിലോ ബുദ്ധിയിലോ നമ്മുടെ തന്നെ അറിവിലോ നമ്മളെ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് ചുവടുവെക്കാതെ ദൈവത്തോട് ചോദിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ നിന്ന് കേട്ട് നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം അങ്ങനെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നവനായിരിക്കണം എന്ന് ആ കാര്യമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ഹൃദയപരിച്ഛേദന ഉള്ളവരാണ് യഥാർത്ഥത്തില് പുതിയ നിയമ ഇസ്രായേലായ ദൈവസഭയുടെ ഭാഗം അങ്ങനെ ഒരു ഹൃദയ പരിച്ഛേദന ഇല്ലെങ്കിൽ പഴയ നിയമത്തിൽ പരിഛേദന ഏൽക്കാത്ത ഒരുവനെ ഇസ്രായേലിൻ്റെ മധ്യത്തിൽ നിന്ന് മാറ്റിക്കളയും എന്ന് നമ്മൾ വായിച്ചതുപോലെ നമുക്കൊരു ഈ നിലയിലുള്ള ഒരു യഥാർത്ഥ ആന്തരികമായ ഒരു ഹൃദയ ഇല്ലെങ്കിൽ നമ്മളെയും പുതിയ നിയമസഭയുടെ ഭാഗമായിട്ട് ദൈവം കാണുകയില്ല എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത് റോമർ രണ്ടിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊൻപതിൽ പൗലോസ് അവിടെ നമ്മൾക്കുള്ള ഹൃദയ പരിച്ഛേദനയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു പുറമേ യഹൂദനായവൻ യഹൂദനല്ല പുറമേ ജഡത്തിലുള്ളത് പരിഛേദനയുമല്ല അകമേ യഹൂദനായവൻ യഹൂദൻ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയെ അപ്പോൾ ദൈവം പ്രസാദിക്കുന്നത് ഈ യഹൂദൻ്റെ പുറമേ ഒരു ആ നിലയിലുള്ള ഒരു ചടങ്ങിലല്ല ഒരു പരിഛേദനയിലല്ല മറിച്ച് ഹൃദയപരിച്ഛേദനയിലാണ് ദൈവം പ്രസാദിക്കുന്നത് നമ്മളാണ് യഥാർത്ഥത്തിൽ ആ നിലയിൽ നമ്മൾ ഉള്ളില് യഹൂദരായ നമ്മളാണ് അക്ഷരത്തിലല്ല ആത്മാവി ഹൃദയപരിച്ഛേദനയേറ്റ നമ്മളാണ് ദൈവീകമായ വാഗ്ദാനങ്ങളുടെ യഥാർത്ഥ പിന്തുടർച്ചക്കാർ എന്നാണ് റോമർ രണ്ടിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപതിൽ പൗലോസ പറഞ്ഞ് സ്ഥാപിക്കുന്നത് അപ്പം നോക്കുക ഇതേ കാര്യം പുതിയ നിയമത്തിൽ പറയുമ്പോൾ തന്നെ പഴയ നിയമത്തിലും ഇതിൻ്റെ സൂചന വളരെ വ്യക്തതയോടെ ദൈവം കൊടുത്തിട്ടുണ്ട് ആവർത്തന പുസ്തകം മുപ്പതിൻ്റെ ആറ് നോക്കുക അവിടെ ആ കാലഘട്ടത്തിൽ പുറമേയുള്ള ശാരീരികമായ പരിഛേദനയായിരുന്നു നടന്നിരുന്നത് എന്നാൽ ആവർത്തനം മുപ്പതിൻ്റെ ആറിൽ അവിടെ തന്നെ പഴയ നിയമകാലത്ത് തന്നെ ദൈവം വരാൻ പോകുന്ന ഈ ഹൃദയ പരിച്ഛേദനയെ കുറിച്ചുള്ള സൂചന വ്യക്തതയോടെ നൽകിയിട്ടുണ്ട് ആവർത്തനം മുപ്പതിന്റെ ആറ് വായിക്കുന്നു നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ ഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ ഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും കണ്ടോ പഴയ നിയമ ഇസ്രായേൽ അന്ന് ഹൃദയ പരിച്ഛേദന എന്നൊരു കാര്യമില്ല അവന് പുറമേയുള്ള പരിച്ഛേദന എന്നാൽ അന്ന് ദൈവം പറയുന്നു ഈ പുറമേ ഉള്ള അതിന്റെ യഥാർത്ഥ പൊരുൾ എന്താ യഥാർത്ഥ അർത്ഥം എന്താ നീ ജീവിച്ചിരിക്കേണ്ടതിന് കണ്ടോ അവിടെയും നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായി ഹോവേ നീ എന്ത് വേണം നീ പൂർണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ എന്ത് വേണം നിന്റെ ഹൃദയം ഒരു പരിഛേദനയ്ക്ക് വിധേയമാകണം നീ അതിന് തയ്യാറായാൽ നിൻ്റെ ഹൃദയവും നിൻ്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും എന്ന് ദൈവം അവിടെ തന്നെ പുതിയ നീമ ആ സത്യത്തിലേക്ക് വിരലു ചൂണ്ടി അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം കാണിക്കുന്നത് നമുക്ക് ഇന്ന് നമ്മളെ വിശ്വാസികളാണ് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും ദൈവത്തിലാണ് ഞങ്ങളുടെ വിശ്വാസം പക്ഷെ ദൈവത്തിലാണ് വിശ്വാസമെങ്കിൽ അതിൻ്റെ ഒരു എതിർവശം എന്താ നമ്മിൽ തന്നെ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കരുത് നമ്മിൽ തന്നെ നമുക്ക് വിശ്വാസവും നമ്മൾ തന്നെ ഒരു ആശ്രയവും നമ്മുടെ യുക്തിയും ബുദ്ധിയും നമ്മളെ നയിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ നീതിമാന്മാരല്ല ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾക്ക് ജീവിതത്തിലേക്കല്ല പോ ജീവനിലേക്കല്ല പോകുന്നത് മറിച്ച് തങ്ങളിൽ തന്നെ വിശ്വസിക്കുന്നവർ പരാജയപ്പെടുന്നവരാണ് ആ കൂട്ടത്തിലാണ് ദൈവം നമ്മളെ കാണുക അതുകൊണ്ട് നമ്മളിന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവജനത്തിൽ നിന്ന് ചിലതെല്ലാം നമ്മളെ ബുദ്ധിയിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതല്ല നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആശ്രയം നമ്മിൽ തന്നെയാണോ ദൈവത്തിലാണോ ദൈവത്തിൽ തന്നെ ആശ്രയമുള്ളവനെന്തു ചെയ്യും ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ദൈവത്തിലേക്ക് നോക്കും ദൈവത്തിൻ്റെ സ്വരം കേൾക്കും ഞാൻ ഇത് ചെയ്യണോ ചെയ്യണ്ടായോ ഞാൻ ദൈവം എന്താണ് എന്നെ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മുടെ ഒരു വ്യക്തിയുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ നിന്ന് കേട്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു നടത്തിപ്പിനെ പൂർണ്ണമായിട്ട് കീഴ്പ്പെട്ട് അവന് അനുദിന ജീവിതം നയിക്കും അല്ലാതെ സ്വന്തയുക്തിയിൽ ആശ്രയിക്കുകയില്ല ഇതാണ് നമ്മൾ ഹൃദയപരിച്ഛേദന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ നിലയിലായിരിക്കണം പ്രിയപ്പെട്ടവരെ ഇതിന് പകരം ഈ ആളുകൾ തങ്ങളിൽ തന്നെ വിശ്വസിച്ചാൽ എന്താ പ്രശ്നം തങ്ങളിൽ തന്നെ വിശ്വസിച്ചാൽ ആ കാര്യം അതൊരു നികളം ഒരു സട്ടിൽ വേയിൽ ഉള്ളിൽ കിടക്കുന്നത് നമ്മൾ നമ്മൾ തന്നെ വിശ്വസിച്ച് ഓരോ കാര്യത്തിൽ അങ്ങ് ദൈവം അത് ആഗ്രഹിക്കുന്നില്ല ദൈവം ആഗ്രഹിക്കുന്നത് തനിക്കുള്ളവരെ തന്നിൽ ആശ്രയിക്കണമെന്നാണ് അല്ലാതെ ഒരു നിഗളം അവർക്ക് വരരുത് നമുക്കറിയാമല്ലോ പാപമെന്ന് പറഞ്ഞാൽ അത് നിഗളമാണ് നമ്മൾ തന്നെ വിശ്വസിച്ചാൽ എനിക്കറിയാം എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാം എനിക്ക് ബുദ്ധിയുണ്ട് നമുക്ക് യുക്തിയുണ്ട് എനിക്ക് കാര്യങ്ങളറിയാം എനിക്ക് ലോകപരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്താ കാണിക്കുന്നത് അതൊരു നിഗളമാണ് കാണിക്കുന്നത് ആ നികളത്തെ അതിനെ ദൈവത്തിന് സഹിക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ടാണ് തന്നിൽ തന്നെ വിശ്വസിക്കുന്നവരെ ദൈവം തള്ളിക്കളയുന്നത് നമ്മൾ ദാനിയലിൻ്റെ പുസ്തകം നാലാമധ്യായം ഇരുപത്തൊൻപത് മുപ്പത് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ നടുങ്ങിപ്പോകും എന്താ അന്നത്തെ ബാബലോണിലെ നെബുക്കനേശ്വർ രാജാവ് ബാബേൽ രാജാവ് താൻ തൻ്റെ ഒരു ആ നിലയിൽ ഒരു തൻ്റെ ധനമഹാത്മ്യം കൊണ്ട് തൻ്റെ ഒരു രാജധാനി പണിതു ആ രാജധാനി പണിത് അതിൽ ഇങ്ങനെ താൻ വൈകുന്നേരം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ താനെന്താ പറഞ്ഞത് താൻ പറഞ്ഞത് ഇത് ഞാൻ എൻ്റെ ധനമഹാൽമ്യത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബയിലല്ലയോ എന്നാണ് നെമുഗനേശ്വർ പറഞ്ഞത് അത് പറഞ്ഞപ്പോൾ അതിൻ്റെ അവൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തോ അവനവൻ്റെ ധനം കൊണ്ട് അവൻ്റെ പ്രതാപത്തിന് അവനൊരു രാജധാനി പണിതു എന്നിട്ട് അവൻ അതിൽ ഉല്ലസിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ഞാനെന്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹിതയാം ബാബയിലല്ലയോ സ്വയം പുകഴ്ത്തി മറ്റൊരാളോടും പറഞ്ഞ് പറഞ്ഞില്ല അവന് ഹൃദയത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ ദൈവം അവനെ എന്ത് ചെയ്തു ദൈവം അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് മാറ്റിക്കളഞ്ഞു അവൻ്റെ ബുദ്ധി പോയി അവനൊരു ആ മൃഗത്തെ പോലെ പുല്ലു തിന്നുന്നവനുമൊക്കെ ആയിട്ട് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു നമ്മൾ നടുങ്ങിപ്പോകും ആ ഭാഗം വായിച്ചാൽ എന്നാൽ നാലാമധ്യായം അതിൻ്റെ മുപ്പത്തിനാലോ മുപ്പത്താറോ വാക്യങ്ങളിലേക്ക് വരുമ്പോഴോ ഒടുവിൽ ആ കാലം കഴിഞ്ഞിട്ട് നെബുഗ്നേസർ അവൻ സ്വർഗത്തേക്ക് കണ്ണുയർത്തി എൻ്റെ പ്രതാപമല്ല എൻ്റെ ധനമഹാത്മ്യമല്ല എൻ്റെ രാജധാനി എല്ലാം ദൈവമേ നിൻറേതാണ് എന്നുള്ള ഒരു അംഗീകാരത്തിലേക്ക് വന്നപ്പം അവൻ്റെ ബുദ്ധി മടങ്ങി വന്നു അവൻ സ്വർഗത്തേക്ക് കണ്ണുയർത്തി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത് അപ്പം നോക്കുക ദൈവത്തിന് നികളം എന്ന് പറയുന്ന ആ കാര്യം സഹിക്കാനായിട്ട് കഴിയില്ല ലൂസിഫറും പിശാചായി തീർന്നത് നികളം മൂലമാണല്ലോ അപ്പം പാപമെന്ന് പറഞ്ഞാൽ അത് നികളമാണ് അടിസ്ഥാനപരമായി പാപ് പാപമെന്ന് പറയുന്നത് നികളമാണ് അതുകൊണ്ടാണ് അഹങ്കാരികളായ ആളുകൾ തങ്ങളിൽ തന്നെ വിശ്വസിക്കുന്നവരും പരാജയപ്പെടുന്നവരുമാണെന്ന് ഹബുക്കൊക്കെ പറഞ്ഞിരിക്കുന്നു നമ്മൾ നമ്മിൽ തന്നെ വിശ്വസിച്ചാൽ അതിൽ എന്താ തെറ്റെന്ന് നമുക്ക് തോന്നും പക്ഷേ അവിടെ ഒരു സപ്റ്റിൽ വെയിൽ ഒരു നികളം കിടപ്പുണ്ട് ദൈവത്തിനത് സഹിക്കാനൊക്കെ ഇല്ല ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ദൈവത്തെയും നോക്കണം ദൈവത്തിൽ നിന്ന് കേൾക്കണം ദൈവത്തിൻ്റെ നടത്തിപ്പ് അനുസരിച്ച് നിയോഗമനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം ഈ നിലയിൽ ഒരു ദൈവത്തിൽ പൂർണ്ണ ആശ്രയമുള്ളവരായിരിക്കണം അതാണ് ഹൃദയപരിച്ഛേദന ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ മത്തായി നാലിൻ്റെ നാല് നമ്മൾ നേരത്തെ നമ്മളെ മുമ്പേ ഒന്ന് പരാമർശിച്ചല്ലോ അവിടെ പറയുന്ന ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകേല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് അത് ഇംഗ്ലീഷിൽ ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിലൊരു ഹൃദയപരിച്ഛേദനയുള്ളവൻ ദൈവത്തിൽ ആശ്രയമുള്ളവൻ ഓരോ ദിവസവും രാവിലെ തോറും ദൈവത്തെ നോക്കും ഏശ്യ ഒമ്പതിൻ്റെ നാലിൽ ആ കാര്യം പറയുന്നുണ്ട് അവൻ രാവിലെ തോറും ഉണർത്തുന്നു ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു മോർണിംഗ് ബൈ മോർണിംഗ് ഹീ വേക്കൻസ് മീ ആൻഡ് ഓപ്പൺസ് മൈ അണ്ടർസ്റ്റാൻഡിങ് ടു ഹിസ് വില് അവൻ്റെ ഇഷ്ടത്തിലേക്ക് ഓരോ ദിവസവും രാവിലെ ദൈവം എന്നെ ഉണർത്തുന്നു ഞാനവൻ്റെ ഇഷ്ടത്തിന് കാതോർക്കുന്നു അതിനനുസരിച്ച് ചെയ്യുന്നു എന്നാണ് ഏഷ്യാവ ഒമ്പതിൻ്റെ നാലിൽ പറയുന്നത് അപ്പോൾ കണ്ടോ ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന ഓരോ വചനവും അങ്ങനെ ഒരു പൂർണ്ണ ആശ്രയമാണ് അല്ലാതെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു എന്ന് ഒരിക്കലും ഒരു തീരുമാനമല്ല ഓരോ ദിവസവും രാവിലെ തോറും ദൈവത്തെ നോക്കുക ദൈവത്തിൽ നിന്ന് കേൾക്കുക നമ്മുടെ ചെവി ദൈവത്തിൻ്റെ വാക്കുകൾക്കായിട്ട് ഉണർന്നിരിക്കട്ടെ അങ്ങനെ ഹൃദയ പരിച്ഛേദനയോടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ടു പോകുന്നവരായിരിക്കണം നാം നമ്മുടെ ജീവിതത്തിൽ ഇത് തീരട്ടെ നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവത്തെ കേട്ട് പരി വാക്കുകൾക്ക് കാതോർത്ത് അതിൻ്റെ നടത്തിപ്പിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ അത് അനുഗ്രഹീതമായ ഒരു ജീവിതമായിരിക്കും നമ്മൾ പഴയ നിയമത്തിലെ പല കാര്യങ്ങളാണല്ലോ പറഞ്ഞത് പുതിയ നിയമത്തില് പൗലോസിൻ്റെ ഒരു അനുഭവം കൂടെ ഇതിനോട് ചേർത്ത് നമുക്ക് വളരെ വേഗത്തിലൊന്ന് നോക്കാം പൗലോസ് അപ്പോസ്ലെ പ്രവർത്തി പതിനാറാം അധ്യായത്തിൽ പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ പതിനാറിൻ്റെ ആറാമത്തെ വാക്യത്തിൽ പൗലോസും പൗലോസിൻ്റെ കൂടെ ഉള്ളവരും അവർ പലയിടത്ത് ദൈവോചനം മുന്നോട്ട് പോവുകയാണ് എന്നാൽ പതിനാറിൻ്റെ ആറിൽ ഇത് ആ പരിശുദ്ധാത്മാവ് പറയുന്നു അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാൽമാവ് വിലക്കുക വിലക്കുകയാൽ പൗലോസൊക്കെ എന്ത് ചെയ്തു ട്രുഗ്യയിലും ഗലാത്യദേശത്തിലും കൂടെ സഞ്ചരിച്ചു ഗലാത്യദേശത്തിലൂടെ തന്നെ സഞ്ചരിക്കുന്നതാണ് കാണുന്നത് താൻ എങ്ങോട്ട് പോകാനായിരുന്നു തൻ്റെ ആഗ്രഹം ആസിയയിലെ ഏർ മറ്റ് വചനം പ്രസംഗിച്ച് മറ്റു പലയിടത്തും പോകാനായിരുന്നു ആഗ്രഹം എന്നാൽ പരിശുദ്ധാൽമാവ് വിലക്കി പരിശുദ്ധാൽമാവ് വിലക്കിയത് അവർക്ക് മനസ്സിലായി അവരതിനനുസരിച്ച് ഗലാത്തിയിലൂടെ പോയി ഗലാത്തിയയിലൂടെ പോയപ്പോൾ എന്തോ സംഭവിച്ചു ഗലാത്തിയർ നാലിൻ്റെ പതിമൂന്നില് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നോക്കിയാൽ ഗലാത്തയിലേക്ക് പൗലോസിനെ പരിശുദ്ധാത്മാവ് എന്തിനാ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തത് നമുക്ക് ഒരു ബോധ്യം കിട്ടും അപ്പോൾ അവിടെ ഗലാത്തിയർ നാലിൻ്റെ പതിമൂന്ന് പതിനാല് വായിക്കുമ്പോൾ പൗലോസ് ഗലാത്തിയയിലെത്തി പക്ഷെ അവിടെ ചെന്നപ്പോൾ താന് രോഗിയായിപ്പോയി ശരീരത്തിന്റെ ബലഹീനത നിമിത്തം താൻ ഗലാത്തിയിൽ തന്നെ കുറെ നാള് താമസിക്കേണ്ടതായിട്ട് വന്നു ഗലാത്തിയിൽ അങ്ങനെ താമസിച്ചത് എന്തുണ്ടായി ഗലാത്തി നാലിന്റെ പതിമൂന്ന് നോക്കുക ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു താനെ ഗലാത്തിയിൽ അങ്ങ് ഹെൽഡപ്പായി പോയത് കൊണ്ട് രോഗിയായിട്ട് അവിടെ അങ്ങ് ആയി പോയത് താൻ എന്ത് ചെയ്തു അതുകൊണ്ട് അവിടെ ഉള്ളവരോട് സുവിശേഷം അറിയിപ്പാനും അവിടെ ഒരു സഭയുണ്ടാകാനും ഇടയായി നാലിൻ്റെ പതിനാലില് ആ സഭയിലുള്ളവരെ പൗലോസിനെ എൻ്റെ ശരീരം സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിന്നെയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുവേശുവിനെ പോലെ നിങ്ങൾ എന്നെ കൈക്കൊള്ളുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു എന്ന് ആ പതിനാലാമത്തെ വാക്യത്തിലും പറയുന്നു നോക്കുക സാധാരണഗതിയിൽ നമ്മുടെ യുക്തിക്ക് മനസ്സിലാകാൻ ഒക്കാത്ത ഒരു കാര്യമാണ് കൗലസും കൂട്ടരും വചനം പ്രസംഗിച്ചുകൊണ്ട് ആസിയ ഏഷ്യയിൽ ഏഷ്യയിൽ പലയിടത്ത് ഒരു ഒരു വലിയ വാതിൽ തുറന്ന് കിട്ടി അല്ലെങ്കിൽ വിപുലമായ ഒരു വയൽ കിട്ടി എന്നൊക്കെയല്ലേ ചിന്തിക്കുന്നത് ഏഷ്യ മുഴുവൻ വചനം പ്രസംഗിക്കാനായിട്ട് പോകാനായിട്ട് ഒരു സാധ്യത വന്നു പക്ഷേ യുക്തി നോക്കിയാൽ സ്വന്തം ബുദ്ധി അനുസരിച്ച് നോക്കിയാൽ അതൊരു നല്ല ഓപ്പണിങ് നല്ലൊരു വാതിൽ തുറന്നു കിട്ടി നല്ലൊരു വയൽ കിട്ടി ആസിയയിൽ മുഴുവൻ വചനം പ്രസംഗിക്കാം അങ്ങനെയാണ് യുക്തി അനുസരിച്ച് പോകുന്ന ഒരാൾ തീരുമാനിക്കുക എന്നാൽ അവിടെ വച്ച് പരിശുദ്ധാത്മാവിന്റെ ഒരു നേരിയ വിലക്കൊണ്ടായത് കൊണ്ട് പോയി അതിനെ ദൈവം എന്ത് ചെയ്തു ഗലാത്തിയിൽ ഒരു സഭയുണ്ടാകാനും ആ ഗലാത്തിൽ ഉള്ളവര് പൗലോസിന്റെ ജീവിത മനസ്സിലാക്കാനും ഇടയായി എന്നാണ് നമ്മൾ അവിടെ കാണുന്നത് അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു സഭയുണ്ടായി കാര്യങ്ങൾ നന്നായിപ്പോയി ദൈവത്തിൻ്റെ ഹിതമായിരുന്നു ദൈവം ഒരു ഈ ആസിയിലും അവിടെ തന്നെ പറയുന്ന മറ്റ് ചില സ്ഥലങ്ങളുടെ പേരുകൾ നമ്മൾ വായിക്കുന്നുണ്ട് ആ സ്ഥലങ്ങളിലേക്കൊക്കെ മറ്റ് ചിലരെ വിടാനായിരിക്കും ദൈവത്തിൻ്റെ ഹിതം നമ്മൾ പത്രോസിൻ്റെ ലേഖനം തുടക്കത്തിൽ വായിക്കുമ്പോൾ പത്രോസ് ഈ പൗലോസിനെ വിടാഞ്ഞ പരിശുദ്ധാത്മാവ് വിലക്കിയ ചില സ്ഥലങ്ങളിലുള്ളവർക്ക് വന്ദനം പറഞ്ഞുകൊണ്ടാണ് പത്രോസ് തൻ്റെ ലേഖനം ആരംഭിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ ആ പ്രദേശങ്ങളില് സുവിശേഷം അറിയിക്കാനായിട്ട് പത്രോസിനെ ആയിരിക്കും ദൈവം കണ്ടത് അതുകൊണ്ട് പൗലോസ് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പം പരിശുതാൽമാവ് വിലക്കി പരിശുതാൽമാവിന്റെ വിലക്ക് സ്വീകരിച്ച് ഗലാത്തിയിൽ ആയതുകൊണ്ട് അവിടെ സഭയുണ്ടായി അവിടെ കാര്യങ്ങൾ നന്നായിട്ട് പോയി നമ്മള് അപ്പുസ്തലപവർത്തി പതിനാറിന്റെ ആറിലാണല്ലോ നമ്മൾ വായിച്ചു തുടങ്ങിയത് അവിടെ തന്നെ രസകരമായ നമ്മൾ സൂക്ഷിച്ചു വായിച്ചാൽ രസകരമായ ഒരു കാര്യം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും പതിനാറിൻ്റെ ആറിൽ അവർ ആശയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാൽ മാവു വിലക്കുകയാൽ എട്ടാമത്തെ വാക്യത്തിൽ പതിനാറിൻ്റെ എട്ടിൽ അവർ മൂസിയ കടന്നുത്രോവാസിലെത്തി എന്നാ അതിൻ്റെ പത്താമത്തെ വാക്യം കണ്ടോ പതിനാറിൻ്റെ പത്ത് പതിനാറിൻ്റെ പത്തിൽ ഈ ദർശനം കണ്ടിട്ട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ പുറപ്പെട്ടു പതിനൊന്നാം വാക്യം ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി അപ്പൊ എന്താ നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതുവരെ ഈ അപ്പോസ്തല പ്രവൃത്തി പതിനാറിൻ്റെ പത്ത് വരെ അവർ അവർ എന്നാണ് പൗലോസിനെയൊക്കെ പക്ഷെ പത്താമത്തെ വാക്യമായപ്പം ഞങ്ങൾ ഞങ്ങൾ എന്നാ പറഞ്ഞു തുടങ്ങുന്നത് തുടർന്ന് അങ്ങോട്ട് ഞങ്ങളെന്നാ പറയുന്നത് എന്താ ഇതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെയും നമുക്കറിയാം അപ്പോസ്തല എഴുതിയത് ലൂക്കോസാണ് ലൂക്കോ ലൂക്കോസ് താനൊരു വൈദ്യനായിരുന്നു വൈദ്യനായ പ്രിയ ലൂക്കോസ് ആ ലൂക്കോസാണ് അപ്പോസ്തല പ്രവൃത്തി എഴുതിയത് അപ്പോൾ ഇവിടെ അപ്പോസ്തല പ്രവൃത്തി പതിനാറാം അധ്യായത്തിൻ്റെ ഈ പത്താമത്തെ വാക്യം വരെ പൗലോസിൻ്റെ കൂടെ ആരില്ലായിരുന്നു ലൂക്കോസ് ഇല്ലായിരുന്നു അതുകൊണ്ട് അവിടം വരെ ഈ ചരിത്രം എഴുതിയപ്പോൾ ലൂക്കോസ് അവർ പൗലോസിനെ കൂടെ ഉള്ളവരെ അവർ അവർ അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പത്താമത്തെ വാക്യമായപ്പോഴോ ലൂ നമുക്ക് അവിടെ കാണുന്നത് ഞങ്ങൾ ഞങ്ങൾ എന്നാണ് അവർ എന്നുള്ളത് ഞങ്ങൾന്നാകണമെങ്കിൽ ഈ എഴുതിയ ആൾ അപ്പോസ്തല രചയിതാവായ ലൂക്കോസ് വൈദ്യനായ പ്രിയ ലൂക്കോസ് ഈ പത്താമത്തെ വാക്യത്തിൽ പതിനാറിന്റെ പത്തിന്റെ ആ ഭാഗത്ത് വെച്ച് പൗലോസിന്റെ ടീമില് ചേർന്നു അവിടം മുതല് ലൂക്കോസും പൗലോസിനോടൊപ്പമാണ് യാത്ര ചെയ്തത് അവരൊന്നിച്ചാണ് പിന്നെ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നാണ് ഈ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾ എന്നുള്ള പ്രയോഗം കാണിക്കുന്നത് ഞാൻ പറഞ്ഞത് വ്യക്തമായോ എന്തിനാ ഈ പത്താമത്തെ വാക്യം വന്നപ്പം ഈ ലൂക്കോസിനെ ഈ പൗലോസിന്റെ ടീമിൽ അംഗമാകാൻ ദൈവം നിയോഗിച്ചത് കാരണം അതിൻ്റെ തൊട്ടു മുകളിലാണ് ഗലാത്തിയിൽ വെച്ച് അവന് പൗലോസിന് പൗലോസ് രോഗിയായി രോഗിയായി ആ രോഗത്തിൽ നിന്ന് ദൈവം വിടുവിച്ചെങ്കിലും ഒരു ബൈ ഒരു ഡോക്ടറായിട്ടുള്ള ലൂക്കോസിനെ കൂടെ തൻ്റെ ടീമിലുണ്ടെങ്കിൽ പൗലോസിന്റെ മുന്നോട്ടുള്ള പോക്കിൽ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നാൽ ഒരു പരിചരണം ലഭിക്കുമല്ലോ എന്ന ദൈവത്തിൻ്റെ കരുതലിലാണ് ദൈവം ലൂക്കോസിനെ കൂടെ ആ പത്താമത്തെ വാക്യം മുതല് പൗലോസിൻ്റെ ടീമിലാക്കിയത് എന്ന് നമുക്ക് ചിന്തിക്കാം ഞാൻ പറഞ്ഞത് വ്യക്തമായോ കണ്ടോ ദൈവം ഗലാത്തിയിൽ വെച്ച് പൗലോസിനെ രോഗിയാക്കി മാറ്റി അവിടെ നിന്ന് സൗഖ്യം കൊടുത്ത് പിന്നെ മുന്നോട്ട് വിട്ടു പക്ഷേ മുന്നോട്ട് വിട്ടപ്പം ദൈവം കൂടെ ഒരു വൈദ്യനെ കൂടെ കൂട്ടിനായിട്ട് പിന്നീട് പൗലോസിന്റെ ടീമിൽ കൊടുത്തു ലൂക്കോ ലൂക്കോസ് ലൂക്കോസ് ആ നിലയിൽ പൗലോസിനെ പരിചരിച്ച് മുന്നോട്ട് പോയി കണ്ടോ അപ്പോൾ നേരത്തെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് കാതോർത്തത് പൗലോസിന് ഒരു നഷ്ടവും വന്നില്ല പരിശുദ്ധാത്മാവിൻ്റെ വിലക്കിന് കാതോർത്തത് കൊണ്ടാണ് താന് ഗലാത്തിയിൽ പോകാനിടയായത് അവിടെ വച്ച് ശാരീരികമായി ബലഹീനത വന്നതും അവിടെ സഭയുണ്ടായതും പക്ഷേ അത് നന്നായി അവിടെ വച്ച് അവിടെ അതിനെ തുടർന്ന് ഇതാ ലൂക്കോസ് എന്നൊരു ആളിനേ കൂടെ ഒരു വൈദ്യനായ ഒരാളിനെ കൂടെ പൗലോസിനോടൊപ്പം പൗലോസിൻ്റെ ടീമിൽ ഡോക്ടർ ലൂക്കിനെ കൂടെ ഉൾപ്പെടുത്തുന്നു അതുകൊണ്ട് അവിടെ വെച്ച് ചരിത്രം അവർ അവർന്നുള്ളത് ഞങ്ങൾ ഞങ്ങൾ എന്നുള്ളതിന് വഴിമാറുന്നു കണ്ടോ ദൈവത്തിൻ്റെ നടത്തിപ്പ് പ്രിയപ്പെട്ടവരെയാണ് അതുകൊണ്ട് നമ്മളും ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ചെറിയ മന്ത്രണത്തിന് പരിശുദ്ധാത്മാവിന്റെ നേരിയ സ്വരത്തിന് കാതോർത്താൽ നമുക്ക് നഷ്ടം വരികയില്ല ഏ ആ കാര്യത്തെ നോക്കിയാൽ ചിലപ്പോ പൗലോസ് ആദ്യം വിചാരിച്ചു കാണും അയ്യോ ദൈവം പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഈ ഗലാത്തിയിൽ വന്നത് ഇവിടെ വന്നപ്പോ രോഗിയായി തീർന്നല്ലോ എന്താ ദൈവം ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചിലപ്പം തൻ്റെ മനുഷ്യത്വത്തിൽ താൻ പക്ഷെ ദൈവത്തിന് ഇതിനെക്കുറിച്ച് എല്ലാം ഒരു ഉദ്ദേശമുണ്ട് തന്നെ ഗലാത്തിയിലാക്കണം അതുകൊണ്ട് അവിടെ ഒരു സഭയുണ്ടാകും അവർക്ക് പിന്നീട് ഒരു ലേഖനം എഴുതി വളരെ മനോഹരമായ ആത്മീയമായ കാര്യങ്ങൾ പുതിയ നിയമസഭയ്ക്ക് നൽകാനിടയാകും ഏഹ് പൗലോസിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവിടെ വെച്ച് വൈദ്യനായ ലൂക്കോസിനെ കൂടെ അവനോടൊപ്പം അയക്കണം നോക്കുക ദൈവത്തിൻ്റെ ചിന്തകൾ എത്ര പ്രധാനം കരുതലുകൾ പൗലോസിനെ എത്ര വലുത് പക്ഷേ അതെല്ലാം ദൈവം തുടക്കത്തിൽ പറഞ്ഞില്ല ദൈവം ആദ്യം ചെയ്തതെന്താ ഗലാത്തിയിലേക്ക് വിടുകയാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ആ മന്ത്രണത്തെ ആ സ്വരത്തെ പൗലോസ് അനുസരിച്ചത് കൊണ്ടാണ് പിന്നീടുണ്ടായ ഗുണങ്ങളെല്ലാം തനിക്ക് ലഭ്യമായത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളും ഇന്ന് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിൻ്റെ തന്നെ ചാരി ദൈവത്തിൽ നിന്ന് ദൈവത്തോട് ചോദിച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ കാതോർത്ത് ഓരോ ദിവസവും ജീവിച്ചാൽ നമുക്ക് നഷ്ടം വരികയില്ല അവ ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് നമുക്ക് ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ജീവിച്ചാൽ നമുക്കും നഷ്ടം വരികയില്ല ദൈവവേലയ്ക്കും നഷ്ടം വരികയില്ല അങ്ങനെ ഒരു ടോട്ടൽ ഡിപ്പെൻഡൻസ് ഉള്ളവരായിട്ട് സ്വന്തം ജടത്തിലും സ്വന്ത യുക്തിയിലും ഒരു വിശ്വാസം നമ്മിൽ ആശ്രയമില്ലാതെ ദൈവത്തിൽ മാത്രം ആശ്രയമുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ